ം രചന എൻ എം പത്മിനി ചെട്ടിക്കുളം സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ മങ്കയം രാഘവൻ മുഹമ്മദ് പേരാമ്പ്ര രവിശങ്കർ ബേപ്പൂർ വിനോദ് കീഴടത്ത് നീരജ് കെ അവിനാശ് കാവഡ് ഇ ഭവി ലാൽ സിന്ധു സജ്ന സുഗന്ധി സുരാഗി കെ അഖിർജിത് ഷാജു കർമ്മയോഗം ഇതെന്താ ടീച്ചർ ഊട്ടിയെ സ്കൂൾ വിട്ട സ്കൂള് വിട്ടിട്ടില്ല ഞാനൊരു പിന്നീട് നേരത്ത് പോന്നതാ പാപ്പിച്ചെന്താ സുഖേന്ദനക്ക് എന്തോ ഒരു തലവേദന പോലെ അയ്യോ വേണ്ട വേണ്ട ഇതൊരഞ്ചു മിനിറ്റ് കിടന്നാ മാറിക്കോളും കുട്ടികളോട് തൊള്ളയും കൂട്ടൻ്റെ ഒന്നും വേണ്ട ബാപ്പച്ചി എല്ലാവരും നല്ല കുട്ടികളാണ് സ്നേഹം കൊണ്ട് മാത്രേ നമുക്ക് അവരെ പറ്റൂ ഓ കാലം മാറി ഇതാ അപ്പം നന്നായി നമുക്കറിയോ പണ്ടൊക്കെ വലിയ ആ മാസന്മാർ നടക്കുക ഇന്റെ ഡെസ്മൊക്കെ ആച്ചിർത്തി എത്ര അധികം ബാപ്പച്ച കാല് എനിക്ക് അന്നൊക്കെ ആ മാഷന്മാര് മയത്താക്കാൻ വേണ്ടിട്ട് പള്ളീടെ നാശ കുറ്റിരിയ്യോ പക്ഷെങ്കിലും ഒരാരു മയത്തായിട്ടും ഇല്ല അല്ലെ അത് ഓരോരുടെ ആയുസിന്റെ പലിപ്പം തന്നെയാന്ന് കൂട്ടിക്കൊള്ളി അതൊക്കെ പോട്ട മോളെ അച്ഛനെ കാണില്ലല്ലോ മാസ്റ്ററാണ് ഇപ്പോഴും ആദ്യം എത്തുന്ന ആള് ഇന്ന് ബാപ്പയ്ക്ക് അച്ഛനും തോൽപ്പിച്ചു ആ വാപ്പച് പൊതിയില് ഇതാ ഇതാണ് മോളെ ഹിക്ക്ബത്ത് എന്ന് പറയണേ അനക്ക് മനസ്സിലായില്ലേ സമയം കൊല്ലി എന്ന് വെച്ചാല് കടല ഒരു പിടി തിന്നൂടി ആ മുള്ളൂട്ടിയേ നമ്മൾ ഇതും കൊറച്ച് നാട്ടു വാർത്താനും പറഞ്ഞ് ഒരു എട്ട് എത്രഒമ്പത് മണിവരേക്കു ഇവിടെ തന്നെ ഇണ്ടാവും ഇതിന്റെ പോണുകൾക്കും ബർണ്ണുകൾക്കും ഒക്കെ കൊടുക്കുകയും ചെയ്യും ഓരോ പിടി അതൊക്കെ ഒരു രസമുളെ ഇങ്ങനെ അത്ര കാലം കഴിയുമെന്ന് ഒന്നും അറിഞ്ഞൂടാ എന്നാലും അവിടെ നിന്ന് പിടി വരണ വരേക്കു ഞങ്ങൾ യാത്ര ഇവ തന്നെ എനിക്കിതൊന്നും കേട്ടെ എന്നാൽ മോളെ ഈ മൂന്ന് പയസന്മാരും മാത്രല്ല മോളെ ഈ നാട്ടിലെ ചെറുപ്പക്കാരും കുട്ടികളും ഉണ്ടാകൂടെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ഇവിടെ ചർച്ചക്ക് വെച്ചിട്ടുണ്ട് മാത്രം അതെന്തൊക്കെയാ ആ പറഞ്ഞുതരും നമ്മൾ മാത്രു പറയുന്ന കാര്യങ്ങൾ ഒരു നല്ല വൃത്തിയായിട്ട് ചെയ്യും അപ്പോഴു ഇതിലൂടി മൂക്കും ബായും പൊട്ടിപ്പിടിക്കാണ്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുവായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ചെടിയും പൂക്കളും പാറിപ്പറക്കുന്ന പൂമ്പാറ്റിനും ഒക്കെ കാണുമ്പോ ഈ നാട്ടിന്റെ മനസ്സിൽ നന്മ പറ്റിയിട്ടില്ലെന്ന് ഒരു തോന്നൽ ഇതൊക്കെ മാസ്റ്ററുടെ കൈവ് തന്നെയാളെ അറിയാ സ്വന്തം വീട്ടില് പറ്റാത്ത വലിച്ചെറിയുന്ന സ്ഥലവിടെ ഇപ്പോ ഓലൊക്കെ മാസ കണ്ട അന്നേരം സ്ഥലം പറഞ്ഞു അതൊക്കെ കാണുമ്പോ മനസ്സിനു വല്ലാത്തൊരു സന്തോഷം തന്നെയാ മോളെ പറഞ്ഞു തീർന്നില്ല മാത്രം എത്തിയല്ല അച്ചാ കീത്തു മോളെന്ത് നേരത്തെ ഞാൻ ഒരു പെരീടെ നേരത്ത് പോന്നു അച്ഛാ അച്ഛൻ ചായ കുടിച്ചോ പിന്നെ അച്ഛൻ കുടിച്ചു മോക്ക് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ശരി അച്ഛാ െ ആ ചരയി പോണി ആ എന്തായാലും നന്നായി മാഷ് വീട്ടില് മറ്റാരും ഇല്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ അല്ല നമ്മളെ മാധവനെ കണ്ടില്ലല്ല മാധവട്ടം വരും വരാതിരിക്കില്ല പാവം ഈ എഴുപത്തിയഞ്ചാം വയസ്സിലും വിശ്രമില്ലാത്ത മനുഷ്യനാ മാധവൻ മക്കളെ കഷ്ടപ്പെട്ട് പൂച്ചു പെരുതാക്കി ഇപ്പോ മക്കളെ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുകരും രാവിലെയും വൈകുന്നേരവും അംഗനവാടിയിലും നഴ്സറിയിലും സ്കൂളിലായിട്ട് അങ്ങനെ നടക്കുക അത് മാത്രമല്ല മരുമോള് പറയുമ്പോ മീൻമാങ്ങാൻ പോണം ധാന്യങ്ങൾ പൊടിക്കണം മെല്ലി പോകണം അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം പണികമൂപ്പെടുത്ത് പക്ഷേ വയസ്സുകാലത്ത് എല്ലാ അച്ഛനും അമ്മമാരുടെയും കീതി ഇത് തന്നെയാണ് ഈ ഗതികയിൽ നിന്ന് നട്ടം തിരിക്കുന്ന കാഴ്ച നമ്മള് കാണേണ്ടി വരും അദ്ദേഹത്തിന്റെ മകനെ ൻ അവൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം നമുക്ക് മാസ്റ്റർ കറിയോ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായ കാലത്ത് രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ചൊരു വേവലാതില്ലായിരുന്നു എന്നാലിപ്പോഴത്തെ സ്ഥിതി എന്താ ശരിയാണ് മൊജിൻക ഇപ്പൊ വീട്ടിൽ മക്കൾ കുറവാണെങ്കിലും രക്ഷിതാക്കൾക്ക് ആദ്യം കൂടിയിരിക്കുക ഉപദേശിച്ചു മക്കളെ നന്നാക്കാനുള്ള വഴിത് ഇടുകയാണ് രക്ഷിതാക്കള് കൂടുതൽ ഉപദേശിക്കുമ്പോ മക്കള് കൈന്ന് വൈദ്യി പോകുന്ന കാഴ്ചയെ അവൾ കാണേണ്ടി വരും അല്ല മാത്രം എന്താണേ ഒന്നുമില്ല മൊയ്തീൻക ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് എല്ലാവരും ദുഃഖിതരാണ് മാധവേട്ടാണ് ഹലോ മാധവേട്ട എന്തുപറ്റി അതെയോ ഓ സാരമില്ല വൈറൽ ഫീവറായിരിക്കൂ പേടിക്കാൻ ഒന്നുമില്ലെന്നേ പനിക്ക് പട്ടിണിയും റെസ്റ്റുമാണ് വേണ്ടത് അതേ മൊയ്തീനിക്കാണ് ആദ്യത്തേത് ഏഹ് അങ്ങോട്ട് വരാനോ ആ ആയിക്കോട്ടെ ആ ശരി പെട്ടെന്ന് തന്നെ വരാ മാധവേട്ടന് പനിയാണ് അത്ര ഒന്ന് അവിടെ എത്തണമെന്നാ പറഞ്ഞത് പെട്ടെന്ന് ചിലപ്പോഴേ ഒന്നും ഉണ്ടാവില്ല കൊച്ചു കുട്ടികളേക്കാൾ മാധവേട്ടന്റെ കാര്യം ശെരി ഞാൻ മാധവേട്ടനെ കണ്ടിട്ട് വേഗം വരാം പറഞ്ഞു കൂടെ എന്നാ ശരി നമുക്ക് ഇറങ്ങാം ആ ഭാഷ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് രണ്ടു ദിവസമായി ഒരു സ്ഥലം വരയെ പോകണമെന്ന് പറഞ്ഞു നിങ്ങള് ആ അതെവിടെയാന്ന് മാത്രം പറഞ്ഞിട്ടില്ല പറയാം അന്ന് അങ്ങ് പറഞ്ഞുകൂടിന്ന് അതെ പെരുവഴിയിൽ നിന്ന് ഒരു പുതുവഴിയിലേക്ക് നവജീവിത സംഗമത്തിലേക്ക് ജന്മ ഇതിനൊക്കെ വേണ്ടി ക്ഷണിക്കാൻ അതെ ക്ഷണിക്കാനാണ് പോകുന്നത് ആക്കത്തില്ല ഒരു പിടി നമുക്ക് കിട്ടിയില്ലേ അല്ല ഒന്ന് ചോദിച്ചോട്ടെ മാത്രമാണോ അല്ല എല്ലാവർക്കും ക്ഷണമുണ്ട് ആദ്യത്തെ ക്ഷണം അവർക്കാണ് അവരത് സ്വീകരിക്കുമെങ്കില് ഒരു സൗഹൃദ സംഗമവും ഉണ്ടാവും ഓരോ ജന്മത്തിനും അത് മനുഷ്യനായാലും മൃഗമായാലും ഒരുപാട് കർമ്മങ്ങളില്ലേ ചെയ്തു തീർക്കാൻ മഴ ശരിയാ അതിലൊന്നാണിത് ഒരു പ്രതികരണത്തിനും കാതോർക്കാതെ പോവുകയാണ് ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എനിക്ക് അല്ലാതെന്താ എല്ലാ ഈ ആ ക്ഷണിച്ചിട്ട് വന്ന പോലെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോകും മാച്ചേ അപ്പഴും ഞമ്മളൊക്കെ തെന്നെ ഉണ്ടാകൂ ഈ യാത്ര എന്റെ മോളിൽ ഇരിക്കേദിക്കുന്നതേ വിരുന്നുകാരല്ല വീട്ടുകാരെയാണ് അപ്പൊ അങ്ങനെയൊരു ക്ഷീണത ഉണ്ടായി ദുനിയാവിടെ ആ ഉണ്ടായിക്കും എന്നാല് ഭരണു വെച്ചെന്നെ കാണും നമുക്ക് ആ ആ അതാ കാണിനൊക്കെ എത്തിയല്ലോ മാധവട്ടം വിളിക്കുന്നുണ്ട് ആ ഇറങ്ങാം നമുക്ക് ഇന്നലെ അലാറം വെക്കാൻ ഞാൻ മറന്നുപോയി മോടെ എന്നെ ഒന്നും വിളിക്കാതെ നീ എഴുന്നേറ്റ് വന്നു അല്ലേ അച്ഛൻ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയല്ലേ ഇത് ശരിയായില്ല കീത്തു അച്ഛൻ പരിഭവിക്കാൻ മാത്രം ഒന്നുമില്ല ഇവിടെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ചായ മാത്രമേ തിളച്ചിട്ടുള്ളൂ അരിവെന്തിട്ടില്ല ദോശ ചൂട്ടിട്ടില്ല തേങ്ങ ചരവിയില്ല പിന്നെ പച്ചക്കറികളൊക്കെ കണ്ടില്ലേ ഇന്നലെ വെള്ളത്തിലിട്ട പോലെ തന്നെ ഉണ്ട് ഒന്നും നുറുക്കിട്ടില്ല എല്ലാ അച്ഛനുള്ള ജോലികളാണ് പിന്നെന്താ വീട്ടിലുള്ളവരെ വിളിച്ചു നിർത്താതെ തനിച്ച് എഴുന്നേറ്റ് വന്ന് പണി തുടങ്ങിയിരിക്കോ ആരെങ്കിലും അപ്പൊ അതാണ് കാര്യം എൻറെ അച്ഛ പതിവില്ലാത്ത എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടോ ഒരൊറ്റ വിളിയല്ലേ വേണ്ടു അച്ഛനും ഏട്ടനും ഇല്ലേ എന്റെ കയ്യത്തും ദൂരത്ത് പിന്നെ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത രാഘവന്മാഷിന്റെ മകൾക്ക് ഈ നാടിന്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാവില്ലേ അച്ഛായം സന്ധ്യയുടെ പോക്കുവേലിയിൽ നിന്നുകൊണ്ടാണെങ്കിലും മക്കൾക്ക് സുരക്ഷയുടെ കാവൽക്കാരനാകാൻ അച്ഛൻ ആഗ്രഹിച്ചു തെറ്റാണോ അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലേ അച്ഛാ അച്ഛൻ വെറുതെ പ്രയാസപ്പെടുകയാണ് മക്കളെ ഓർത്ത് ഒരു സ്നേഹിക്കാനേ അറിയൂ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒരു കുറ്റബോധം ഏട്ടന്റെ വാക്കുകളിൽ ഞാൻ അറിയുന്നുണ്ട് നിറവേറ്റപ്പെടാൻ കഴിയാത്ത കടപ്പാടുകൾക്ക് മുമ്പിൽ ആ മനസ്സ് തേങ്ങുന്നതും എനിക്കറിയാം അച്ഛന്റെ മൂന്ന് മക്കളിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളല്ലേ അച്ഛൻ അച്ഛന്റെ ഒരേ വിളി അതിനെ കാതോർത്തിരിക്കൻ വിശ്വസിക്കണം അച്ഛൻ ജീവിതഭ്യതകൾ കണ്ണീരിന് വഴിമാറിക്കൊടുത്തപ്പോഴും മക്കളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല മോളെ അച്ഛന് പക്ഷേ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൈപിടിച്ച് സധൈര്യം കയറി വരാതെ അനാഥത്വത്തിന്റെ ദുഃഖവും പേറി ഇറങ്ങിപ്പോയില്ലേ അവൻ ഈ അച്ഛനെ അങ്ങനെ ശിക്ഷിക്കണമായിരുന്നോ അച്ഛന് വിഷമം കൊണ്ടാവാ അച്ഛ ഏട്ടൻ അങ്ങനെ ചെയ്തത് ഒപ്പം സുഹൃത്തുക്കളുടെ ഉപദേശം ആയിരിക്കാം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആത്മബലമില്ലാത്തത് കൊണ്ടല്ലേ അവൻ ആൾബലം തേടിപ്പോയത് പിന്നെ സൗഹൃദം അതൊരു സാധ്യതയാണ് പക്ഷേ അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയാവരുത് രാഘവമ്മാഷിന്റെ മകന് പിഴച്ചതും അവിടെയായിരുന്നു നീയും അച്ഛനെ പ്രയാസപ്പെടുത്തി മോളെ ഞാനോ നിങ്ങളുടെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരം എനിക്കുണ്ടാകുമായിരുന്നില്ല പക്ഷേ പോയിക്കളഞ്ഞു അവൾ ആ ഒരു കാര്യം മാത്രം അനുസരിച്ചില്ല അവൾ ഞാനില്ലെങ്കിലും നിങ്ങള് വേണ്ട വിധത്തിൽ വളർത്താനും ചേർത്തു നിർത്താനുമുള്ള വൈഭവം ശാരദിക്കുണ്ടായിരുന്നു ശ്രേഷ്ഠമായ കർമ്മപഥത്തിലൂടെ മാത്രം സഞ്ചരിച്ച അവളുടെ നിയോഗം മറ്റൊന്നായി പോയി അച്ഛ അമ്മ ഓർക്കുന്ന നിമിഷം മുതൽ അച്ഛന്റെ പ്രയാസങ്ങൾ അമ്മയുടെ ആയസ്സിന് നമ്മൾ കൊതിക്കാഞ്ഞിട്ടല്ലോ അച്ഛാ മോളെ കാലം നിറം ആ വേദിക്ക് കട്ടനിട്ടപ്പോ അച്ഛ അവിടെ അച്ഛന്റെ ജീവിതത്തിന്റെ അരങ്ങുകൂടി തകരുകയായിരുന്നു മോളെ അന്ന് ിഷ്ട ജീവിതത്തിന് വിധി സമ്മാനിച്ചത് ജീവിക്കാനുള്ള അവസരം മാത്രമായിരുന്നില്ല നൊമ്പരങ്ങളുടെ മാസ കൂടിയായിരുന്നു അച്ഛ അമ്മ അമ്മ എവിടെയും പോയിട്ടില്ല നമ്മൾ വിട്ടുപോകാൻ അമ്മയ്ക്കാവില്ല മോളെ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴും അടുക്കളയിൽ അമ്മയുള്ളത് പോലെ തോന്നി അന്ന് ഒരിക്കലും ഉണരാത്തൊരു ഉറക്കത്തിനായി അച്ഛൻ കൊതിച്ചിരുന്നു മോളെ പക്ഷേ മക്കൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കണമെന്ന് അവളുടെ അവസാന ചലനമറ്റു മുഖത്തുനിന്ന് അച്ഛൻ വായിച്ചെടുത്തു എന്നാൽ ഇന്ന് മക്കൾ ഉറക്കം നഷ്ടപ്പെട്ടവരാണെന്നറിയുമ്പോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ ജീവിതത്തെ പറ്റി ഒരു ദുഃഖം എനിക്കില്ല പിന്നെ പിന്നെന്താണ് നീ ഇന്നലെ ഇന്നലെ ഇന്നലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ് അല്ല ഇന്നലെ മാത്രമല്ല രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ലൈറ്റ് അണയ്ക്കാതെ നീ ഉറങ്ങാതിരിക്കുന്നു എന്ത്ഷമമാണ് കുട്ടി അച്ഛൻ പറഞ്ഞത് ശരിയാണ് മനസ്സിന് എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ ഒന്നുറങ്ങാൻ പോലും കഴിയുന്നില്ലാണെന്ന് പറയൂ കുട്ടി അത് ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ ലീവാക്കുന്നൊരു കുട്ടിയുണ്ടാ എസ് എസ് എൽ സി പരീക്ഷയല്ലേ വരുന്നത് ക്ലാസ് അറ്റന്റ് ചെയ്താലല്ലേ അവന് നന്നായി പരീക്ഷ എഴുതാൻ പറ്റൂ അതെ പഠിക്കാനും വളരെ മിടുക്കനാണച്ചാ അവൻ പക്ഷേ പിന്നെ മോളെ ഒരു പക്ഷേ മൂന്നു ദിവസമായി അവൻ ക്ലാസ്സിൽ വന്നിട്ട് അയ്യോ അതൊന്നും അല്ലേ അത് അന്ന് ക്ലാസ് ടെസ്റ്റ് സമയത്ത് അവൻ ഉറങ്ങുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കയ്യിലിരുന്ന ചോക്ക് കൊണ്ട് ഞാൻ അവനെ എറിഞ്ഞു ഓഹോ ഞെട്ടിയുണർന്നപ്പോ കുട്ടികളെല്ലാരും ചേർന്ന് ചിരിക്കുന്നതാണ് അവൻ കണ്ടത് അച്ഛാ അതവനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരിക്കും പരീക്ഷ എഴുതാതെ ഒന്നും പറയാതെ അവൻ ക്ലാസിൽ നിന്നിറങ്ങിപ്പോയി ആ കുറ്റബോധം കൊണ്ടാവാം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചെയ്തത് തെറ്റുതന്നെയാണ് ഗുരു എന്നത് അസാധാരണ വീര്യമുള്ള പദമാണ് കുട്ടികളുടെ മുന്നിൽ താൻ ആരുമല്ല എന്ന തിരിച്ചറിവുള്ളവരാണ് ഗുരുനാഥരായി മാറേണ്ടത് സ്വാർത്ഥതയും അഹംബോധവും അഴിച്ചു വെക്കേണ്ടവരാണ് നമ്മൾ അധ്യാപകർ അവരുടെ ശബ്ദങ്ങളിൽ നിന്നുപോലും കുട്ടികളിലേക്ക് ഊർജം പ്രവഹിക്കപ്പെടേണ്ടതുണ്ട് മനസ്സിലായോ നിനക്ക് മനസ്സിലായി പക്ഷെ അച്ഛൻ ഞാൻ സന്ദീപിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല തെറ്റ് ഒരു അധ്യാപകന് സമൂഹത്തോട് ഭാവി തലമുറയോട് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അധ്യാപകർ നമ്മളറിഞ്ഞിരിക്കണം രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവാൻ അവരിൽ മനുഷ്യസ്നേഹവും സാമൂഹ്യബോധവും വളർത്തിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടവരാണ് അധ്യാപകർ അച്ഛനമ്മമാരിൽ നിന്നും കിട്ടുന്ന ആദ്യ പാഠങ്ങൾക്ക് ഉപരി അവരെ നല്ല വ്യക്തിത്വങ്ങൾ ഉടമകളാക്കാൻ അധ്യാപകർക്ക് കഴിയണം അങ്ങനെയല്ലാത്തവർ ശമ്പളം വാങ്ങുന്ന വെറുമൊരു തൊഴിലാളി ഒരു എംപ്ലോയി മാത്രമായി നീ അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു കുട്ടികളോട് ഇടപഴകുമ്പോ ചില മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും വേണം അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത് മോളെ നീക്കറിയണ്ട സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ ശിഷ്യസമ്പത്തിനേക്കാൾ വലിയ എന്ത് ധനമാണ് മോളെ ഒരു അധ്യാപകന് വേണ്ടത് കിത്തു ഒന്നുമില്ലാത്തവന്റെ പെരുമാറ്റത്തിൽ നിവൃത്തികടിന്റെ അടിവരുണ്ടാകും അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം അധ്യാപകർക്ക് ഒന്നും ആലോചിക്കാതെ നീ പ്രവർത്തിച്ചു ഒരു മൃദു സമീപനം ആ കുട്ടിയോട് നീ കാണിച്ചിരുന്നെങ്കിൽ ഒരു വ്യക്തി വൈശിഷ്ടത്തിന്റെ പിൻബലം നിനക്കുണ്ടാകുമായിരുന്നു പക്ഷേ നിനക്ക് നഷ്ടമായതും അതാണ് ഞാൻ അതൊന്നും ചിന്തിച്ചിരുന്നില്ല അവിടെയാണ് മോളയെ നിനക്ക് തെറ്റുപറ്റിയത് നിന്റെ മനസ്സു വായിക്കാൻ ആ കുട്ടിക്ക് നിനക്കോ ചിലർക്ക് സമ്പത്ത് കിട്ടിയാൽ ആരെയും കൂടെ കൂട്ടില്ല എന്ന സമ്പത്തിന്റെ ഉടമയാണോ നീ ആ പൂർണതയ്ക്ക് ഓരോ കുട്ടിക്കും പ്രാധാന്യമുണ്ട് വിദ്യാർത്ഥികളില്ലെങ്കിൽ പിന്നെ അധ്യാപകരുണ്ടോ മോളെ ഒന്നും മനപൂർവമായിരുന്നില്ല ഒരു കാര്യം കൂടി ഈ അച്ഛൻ പറഞ്ഞോട്ടെ നിന്റെ ഓർമ്മയിൽ അതെന്നും ഒപ്പം നിൽക്കാൻ ശേഷി കുറഞ്ഞവരെയും ത്രാണിയില്ലാത്തവരെയും ചേർത്ത് മഹാത്മാക്കൾ തനിച്ചു നിൽക്കാൻ കഴിവുണ്ടായിട്ടും അവരെയും കൂടി ചേർത്ത് മനസ്സ് കാണിക്കുന്നവരാണ് മഹാനുഭാവർ മോളെ കൂടെ നടക്കാനും കൈപിടിക്കാനും ആളുകളുണ്ടാവുമ്പോ ഏതൊരാളുടെയും ആദ്യത്തെ തെറ്റ് അവസാനത്തേതുമായി മാറും തീർച്ച വിമർശനങ്ങളല്ല വീഴ്ചകളിലെ കരുതലും സ്നേഹത്തോടെയുള്ള തിരുത്തലുകളുമാണ് വേണ്ടത് അച്ഛന് ഇത്രയും പറയേണ്ടി വന്നില്ലേ ഇനി ഒരു കുട്ടിയോടും ഞാൻ ശാസന കൂടിയേ തീരൂ അത് സ്നേഹത്തിന്റെ ഭാഷയിലാവണം എന്ന് മാത്രം എന്താ ഈ വീട്ടില് എല്ലാവർക്കും നേരത്തെ നേരം വെളുത്തോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ല ഞായറാഴ്ചയല്ലേ എന്നിട്ടെന്താ ഇന്ന് ഈ അടുക്കളയിൽ ഇത്ര തിരക്ക് ഇതെന്താ കീത്തു ആരും ഒന്നും ഇണ്ടാത്തത് ഒരുമാതിരി റിഹേഴ്സൽ ക്യാമ്പിൽ കരണ്ട് പോയ പോലെ എന്തെങ്കിലും ഒന്ന് പറയൂന്നേനെ ഇവളിന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ അവസ്ഥയിലെത്തില്ലെങ്കിൽ അതെന്താ പേപ്പർ നോക്കാനുണ്ടായിരുന്നു നീ എന്താ പെണ്ണേ ഒന്ന് മിണ്ടാത്തത് എടി കീത്തു ഉറങ്ങാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത് പോയി കുറച്ചു നേരം കിടക്ക് ആ പിന്നെ ഇന്ന് ഇവിടെ ആർക്കും എവിടെയും പോകാനൊന്നുമില്ല ഇന്ന് ണിക്കൊക്കെ മതി ബ്രേക്ക്ഫാസ്റ്റ് എന്താ പിന്നെ അതല്ല ഗിരി കാര്യം ക്ലാസ്സില് പരീക്ഷാ സമയത്ത് ടീച്ചറുടെ കുട്ടി ഉറങ്ങിപ്പോയെന്നോ അവനെ ചോക്ക് കൊണ്ടെറിഞ്ഞെന്നോ അവൻ പിന്നെ രണ്ടു ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ലെന്നോ ഒക്കെയാണ് ഇവളുടെ പ്രശ്നങ്ങള് ഉറക്കം വരാതെ അങ്ങനെയാണ് ഇവള് നേരത്തെ അടുക്കളയിൽ കയറിയത് രണ്ടു മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നു ഞാൻ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ഇവൾ ലൈറ്റ് അണയ്ക്കുന്നില്ല റൂമിൽ അപ്പോൾ പ്രശ്നം ഗുരുതരമാണ് അല്ലേ അച്ഛാ പ്രശ്നം ഗുരുതരമാക്കിയത് ഇവൾ തന്നെയാണ് അവൻ ക്ലാസ്സിലെത്തുമെന്ന് കരുതി രണ്ടു ദിവസം ഞാൻ കാത്തിരുന്നു കർമ്മമില്ലാത്ത കാത്തിരിപ്പ് നിരർത്ഥകമാണ് മോളെ ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈശ്വരൻ സത്യം ഓരോ മനുഷ്യനും ഓരോ കർമ്മങ്ങളുണ്ട് അനുഷ്ഠിക്കാൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈശ്വരനെ പ്രതി ചേർത്തിട്ട് എന്ത് കാര്യം തളർന്ന മനസ്സുകൾക്ക് പ്രയത്നശാലികൾക്ക് അതും പാതിയെ ഈശ്വരൻ അനുവദിക്കൂ പാതി സ്വയം നിർമ്മിക്കേണ്ടതാണ് തന്റെ കടമ നിർവഹിക്കാത്തവർക്ക് പഴി പറയാനുള്ള ഒരു ഇടനിലക്കാരനല്ലോ ദൈവം അച്ഛാ എനിക്ക് തോന്നുന്നതേ ആ കുട്ടിയുടെ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് വരാൻ പറയുന്നതാവും നല്ലത് എന്നാണ് ആ കീത്തു നീ വിഷമിക്കാതിരിക്കടി കേട്ടോ ആ നിനക്ക് ആ കുട്ടിയുടെ വീട് എവിടെയാണെന്നറിയോ അറിയേട്ടാ ബീച്ച് റോഡിന് അടുത്താണ് ഞാൻ കുട്ടികളോട് ചോദിച്ചറിഞ്ഞതാണ് ഓഹോ അത് ശെരി എന്നാല് ഇനിയിപ്പോ തിങ്കളാഴ്ച അവൻ വന്നില്ലെന്ന് വെക്ക അപ്പോ അവനെ കാണാൻ ഗിരിയാട്ടം തന്നെ പോകാം അവന്റെ വീട്ടിലേക്ക് എന്തേ മോൾക്ക് സമാധാനമായില്ലേ ഏ തോൽക്കാതെ വിജയിക്കുന്നവർക്ക് വിജയം ആസ്വദിക്കാനാവില്ല വയർ നിറഞ്ഞവന് വിശക്കുന്നവന്റെ തത്വശാസ്ത്രം മനസ്സിലാവില്ല മോനെ ഈ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ഓ അച്ഛാ ഒന്ന് മതിയാക്കൂ അച്ഛാ അവളെ ഒന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ് അവളൊന്ന് കുറച്ച് വിശ്രമിക്കട്ടെ അവളുടെ എല്ലാ ടെൻഷനൊന്നും മാറട്ടെ ആ കീത്തു ആ പിന്നെ ഈ അടുക്കളയിലെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോ എന്താ അച്ചാ പിന്നെ എടി കീത്തു പറഞ്ഞത് കേട്ടില്ലേ അതെ ടീച്ചർക്കോ അനുസരണയില്ല പിന്നെ കുട്ടികളുടെ കാര്യക്കോ പറയണോ അല്ലേ അച്ചാ എടി കീത്തു നിന്നോട് പറഞ്ഞില്ലേ നീ ദോഷമാവാടോക്ക് പണ നിന്നോടാ പറഞ്ഞ നടക്കോളാം പാടി ഇങ്ങോട്ട് നീ ഒരു തൊട്ടാവാടി പോലെ ആയി പോയെന്നോടി ഒരു വലിയ ടീച്ചറാണ് മോരു മോളെ കീത്തു എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് മാത്രം കരുതിയാൽ മതി ആ മോൾ പോയി കിടത്തി സ്വസ്ഥമായി കിടന്നു ചെല്ല അച്ഛൻ പച്ചക്കറിയൊക്കെ മുറിച്ചു കഴിഞ്ഞോ കഴിഞ്ഞു അച്ഛ കിത്തൂര് നല്ല വിഷമമുണ്ട് പാവം കിടക്കുക ചെയ്തത് തെറ്റു തന്നെയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ പശ്ചാത്തപിക്കട്ടെ അവൾ പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായച്ചിത്തം എന്തുണ്ട് അച്ഛാ അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ അവൾക്ക് സങ്കടം വന്നത് ആ മനസ്സിന്റെ വേദന നമുക്കുള്ളതിനേക്കാൾ കൂടുതലായിരിക്കില്ലേ മോനെ ടിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക് മീതെയാണ് നഷ്ടപ്പെടുന്ന അംഗീകാരത്തിന്റെ വേദന നിഷേധിക്കാൻ കഴിയോ നിനക്ക് ഗിരി അനുശോചന പ്രസംഗങ്ങളെക്കാൾ അനുമോദന പ്രസംഗങ്ങളാണ് നമുക്ക് വേണ്ടത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് എന്നാലും കീതുവിന്റെ സങ്കടം അവൾക്ക് താങ്ങാവുന്നതിലപ്പുറത്താണ് അച്ഛൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം സാഹചര്യങ്ങളെ കുറ്റം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നീ ഒരിക്കലുമല്ല അവൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കാതെ ആ കുട്ടിയുടെ മേൽ ഒരു കുറ്റവും കാണാതെ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നല്ലേ അവൾ പറഞ്ഞത് അങ്ങനെയല്ലാതെ ഒരു ധിക്കാരസ്വരം മക്കളിൽ നിന്നുണ്ടായാൽ വളർത്തു ദോഷമെന്നാ പേരുകൂടി കേൾക്കാൻ രാഘവമാഷ് പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലാ കുഞ്ഞുനാളിലെ അവളുടെ സങ്കടങ്ങൾ അമ്മയോടായിരുന്നില്ലേ അവൾ പറയാറ് അമ്മയുടെ മരണശേഷം അവളുടെ എല്ലാ മോഹങ്ങളും പറയാനുള്ളൊരു ഇടം അച്ഛനായിരുന്നില്ലേ ഇന്ന് അവളുടെ കണ്ണു നിറഞ്ഞത് അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം വെറുതെ ചിന്തിച്ചു പോയച്ചാ ശരിയാണ് അവളുടെ ഓരോ തെറ്റും എണ്ണിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോ അവൾക്കത് സഹിക്കാനായില്ല എന്റെ കുട്ടിയെ ഞാൻ വേദനിപ്പിച്ചു എന്നൊരു തോന്നൽ മോനെ അച്ഛന്റെ മക്കൾ നല്ല മക്കളാവണം അച്ഛൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ അച്ഛാ കിത്തു ചെയ്തത് തെറ്റാണെന്ന് അച്ഛന് തോന്നിയെങ്കിൽ അത് തെറ്റു തന്നെയായിരിക്കും അതൊക്കെ തിരുത്തി കൊടുക്കാൻ പിന്നെ അച്ഛന് മാത്രമല്ലേ കഴിയൂ അവൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ ആ തെറ്റ് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അവൾക്ക് സങ്കടം വന്നത് അതും അവളുടെ മനസ്സിന്റെ നന്മയല്ലേ അച്ഛ പക്ഷേ അച്ഛൻ ഇങ്ങനെ പ്രയാസപ്പെടരുത് അച്ഛാ ആ പറഞ്ഞു പറഞ്ഞ് അടുക്കളപ്പണി ബാക്കിയായി അയ്യോ ആ ചോറിന് ചെമ്പ് തിളച്ചതാ അറിയുന്നു അച്ഛാ ഞാൻ ആ ചോറ് നൂറ്റിക്കോട്ടെ പെട്ടെന്ന് വരാം ഗിരി മോനെ സൂക്ഷിച്ച് ആ കൈ പൊള്ളിക്കില്ലേ ആ ശരി അച്ഛാ ഞാൻ നോക്കാം അമ്മിണി അഴിച്ചില്ലല്ലോ അച്ഛൻ കരയണ്ട അമ്മിണി ഇപ്പൊ തന്നെ ഞാൻ വന്ന് കെട്ടഴിച്ചു തരാം ധൃതിൻ മീറ്റിങ്ങിന് പോയതുകൊണ്ടായിരിക്കും അച്ഛൻ മറന്നത് ഒന്ന് മാറി നിൽക്കുന്നു ഞാനീ കയറൊന്നും ഒഴിക്കട്ടെ കുറുമ്പ് കാട്ടരുത് അടി കിട്ടും നിനക്ക് വലിക്കില്ലേ വലിക്കില്ല അമ്മി നിൽക്കവിടെ നിൽക്ക് അമ്മി നീ അവിടെ നിക്കാനാ പറഞ്ഞത് ഈശ്വരാ ഇത് എങ്ങോട്ടാ എന്നെയും വലിച്ചോണ്ടി പോണത് എന്റെ ഈശ്വരാട്ടോളൂ പിടിച്ച കിട്ടില്ല ഞാൻ കെട്ടിക്കോളോ നിൽക്കാൻ എവിടെ ആ മാവുമ്മെട്ടേ മാവിന്മേലെയോ അതെങ്ങനെ കെട്ടാൻ കഴിയും താഴെ ഈ തടി കെട്ടിയാ മതി പറഞ്ഞത് തെറ്റായല്ലേ സോറി പുഴയിലെ നാവും വായിലെ തുണിയുമല്ലേ അവിടെയും തെറ്റി സോറി ഈ വാക്കുകളുടെ ആവർത്തനം വിരസതയല്ലേ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ ഓഹോ എന്നാങ്സ് അത് ഞാനല്ലേ പറയേണ്ടത് ഓഹ് ശരിയാതല്ല വെൽക്കം ഏതായാലും മാഷിന്റെ പ്രിയ ശിഷ്യൻ തക്ക സമയത്ത് തന്നെ എത്തി അത് നന്നായി അതിഥി ദേവോ ഭവ എന്നാണ് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് കയറി ഇരുന്നാട്ടെ ആവാം ആദ്യം ഈ കൈകൾ ഒന്ന് കഴുകട്ടെ ആവാലോ അതാ പൈപ്പ് ഇതായി സംഭാരം കുടിക്കൂ തന്നോളൂ പിന്നെ അച്ഛൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്കായി പോയതാണ് ഞാൻ മാഷിനെ വിളിച്ചിരുന്നു ഈ സ്കൂളിൽ വെച്ചാണ് പരിപാടി എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി മാഷിനെ കണ്ടിട്ടുന്നത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് ഒരു ഗെറ്റ് ഫംഗ്ഷനിലേക്ക് മാഷിന് ക്ഷണിക്കുന്നുണ്ട് അതിനാണ് വന്നത് ഒപ്പം മാഷിന് ആദരിക്കുന്നൊരു ചടങ്ങും കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അതിന് മാഷിന് ഒരു ഫോട്ടോ വേണമായിരുന്നു കീർത്ത് വീട്ടിലുണ്ടെന്നും ഫോട്ടോ ഫയലിൽ കാണുന്നു മാഷ് പറഞ്ഞു അങ്ങനെയാ ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ലേ അമ്മേ ഇപ്പൊ അതെ പിന്നെ അടുത്തുതന്നെ മറ്റൊരു പ്രധാന കെട്ടിന്റെ നടപടിക്രമം ആരംഭിച്ചേക്കും അമ്മ വരും അമ്മക്ക് ഇഷ്ടായി അമ്മക്ക് ഇഷ്ടത്തെ അഞ്ചാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മാഷിന്റെ പിറന്നാൾ ഒരു സെപ്റ്റംബർ അഞ്ചിനാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് എക്സാമിന്റെ ആൻസർ പേപ്പർ കാണിക്കാൻ അന്ന് മാഷിന്റെ പിറന്നാളായിരുന്നു അല്പം പ്രയാസത്തോടെയാണ് ഞാൻ അന്ന് വന്നത് അതെന്തുപറ്റി രണ്ട് വിഷയത്തിൽ അല്പം മാർക്ക് കുറവായിരുന്നു പേടിയായിരുന്നു മനസ്സ് നിറയെ പക്ഷേ എന്നെ ഒന്ന് ശകാരിക്കു പോലും ചെയ്യാതെ സ്വയം വേദനിക്കായിരുന്നു മാഷ് ആ വേദനയാണ് എന്നെ തളർത്തിയത് നന്നായി പഠിക്കണമെന്ന ഉൾവിളിയോടെയാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത് പഠിപ്പിച്ച എല്ലാവരും നല്ല നിലയിൽ എത്തണമെന്നത് അച്ഛന്റെ ഒരു ആഗ്രഹമാണ് അച്ഛന്റെ പ്രാർത്ഥനയും അതുതന്നെയാണ് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല ജീവിതം അനാവശ്യങ്ങളോടുള്ള വിടപറയിൽ കൂടിയാവണമെന്നും മാഷ് പഠിപ്പിച്ചു തന്നു അച്ഛന്റെ പിറന്നാൾ ദിനം പോലും മറന്നില്ലല്ലോ ഒന്നും മറക്കാനാവില്ല എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം ഒരു സമാന്തര രേഖയായി ശൂന്യതയിലേക്ക് നീങ്ങിപ്പോയപ്പോൾ നിസംഗതയോടെ പകച്ചുനിന്നുപോയ ഒരു പത്താം ക്ലാസ്സുകാരന്റെ മുന്നിൽ ദൈവമായെത്തിയ മാഷു തന്നത് വാത്സല്യം മാത്രമായിരുന്നില്ല സ്നേഹശിക്ഷണവും കൂടിയായിരുന്നു ആ കർമ്മകാണ്ഡത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മസുഹൃതമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എല്ലാം ഇപ്പോഴും ഓർക്കുന്നുവല്ലേ സ്മരണയൊരു സാഗരമാണ് ഒരു നേരിയ കല്ലുമതി അതിന്റെ അഗാധതയിൽ പോലും ഓളങ്ങൾ ഉണ്ടാക്കാൻ ഏതൊരാൾക്കും അധ്യാപകരോടൊപ്പമുള്ള കഴിഞ്ഞു പോയ ആ നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മകളാവില്ലേ അഭിമാനപൂർവ്വം പറയാനുണ്ടാവുക സമയം പോയതറിഞ്ഞില്ല എന്നാ ഞാനിറങ്ങട്ടെ ഈ വരുന്ന അഞ്ചാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താന്നറിയോ മാഷിന്റെ പിറന്നാൾ ഒരു സെപ്റ്റംബർ അഞ്ചിനാണ്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 ദൈവമായെത്തിയ മാഷു തന്നത് വാത്സല്യം മാത്രമായിരുന്നില്ല സ്നേഹ ശിക്ഷണം കൂടിയായിരുന്നു ആ കർമ്മകാന്ഡത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മസുഹൃതമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എല്ലാം ഓർക്കുന്നു സാഗരമാണ് ഓർമ്മയുടെ ഒരു നേരിയ കല്ലുമതി അതിന്റെ അഗാധതയിൽ പോലും ഓളങ്ങൾ ഏതൊരാൾക്കും അധ്യാപകരോടൊപ്പമുള്ള കഴിഞ്ഞുപോയ ആ നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മകളാവില്ലേ അഭിമാനപൂർവം പറയാനുണ്ടാവുക സമയം പോയി തരഞ്ഞില്ല എന്നാ ഞാനിറങ്ങട്ടെ അച്ഛന്റെ ഫോട്ടോ വേണ്ടേ ഇതാ ഇനി അച്ഛൻ വന്നിട്ട് പോയാ പോരെ അല്ല പോകണം ഇവിടെ വന്ന് ഫോട്ടോ വാങ്ങി പെട്ടെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് വന്ന് എന്റെ അമ്മണിയെ ബുദ്ധിമുട്ടിച്ചു സോറി അച്ഛനാണ് അച്ഛൻ തന്നെ പറയും ഞാൻ കൊടുക്കാം അച്ഛാ ഹലോ മാഷേ രാജുളളത് ഇന്ന് ഇന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കണം ഹാ ശരി മാഷേ ഫോട്ടോ വാങ്ങി പെട്ടെന്ന് ഇറങ്ങണന്ന് പറഞ്ഞ ആളല്ലേ ഫോട്ടോ ഒരാവശ്യമാണ് ഇത് ഒരാഗ്രഹവും ആ അച്ഛനെത്തിയല്ലോ അച്ഛ അകത്തുക രണ്ടു മൂന്ന് ദിവസമായി അച്ഛൻ വന്നു എന്ന് സ്വപ്നം കാണാൻ തുടങ്ങിട്ട് ഒരു മുന്നറിയിപ്പ് തന്നതാവും എത്ര നാളായി ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് അച്ഛൻ തനിച്ചാണോ വന്നത് കൂട്ടുണ്ടായിരുന്നവൾ പോയിട്ട് വർഷങ്ങളായി അച്ഛ നന്ദ മോനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയതാണ് പനിയായിരുന്നു കപക്കെട്ട് മാറുന്നില്ല മോന് തെക്കേട്ടിലെ രാധേച്ചത് എനിക്കും കൂടപ്പിറപ്പിനെ ഓർത്ത് വേദനിക്കുന്ന രണ്ട് ജീവിതങ്ങൾ അവിടെയുണ്ട് ആഗ്രഹങ്ങൾ അതിർവരമ്പുകൾ ഭേദിക്കുമ്പോൾ രക്തബന്ധങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് മോനെയുള്ളത് തനിച്ചിറങ്ങാനുള്ള തീരുമാനങ്ങളാണ് വിജയം വരിച്ചവരുടെ എല്ലാം പിൻബലമെന്ന് നീ വിശ്വസിക്കുന്നു അല്ലേ ഇല്ല ഇല്ല ജീവിതത്തിൽ പിന്നിട്ടു പോയ വഴികളിലെ ഓർമ്മകൾ എന്നും ഒരു നഷ്ടബോധം മാത്രമാണ് എനിക്ക് സമ്മാനിച്ചത് ഞാൻ തെറ്റു ചെയ്തു പോയ മക്കളെ ജീവനതുല്യം സ്നേഹിച്ച ഏതൊരച്ഛനും മറക്കാനും പൊറുക്കാനും ആവാത്ത തെറ്റ് എന്നെ ശപിക്കരുതേ അച്ചാ ഈ അച്ഛന് അതിന് കഴിയുമെന്ന് തോന്നിയോന്ന് അമ്മ അതിന് സമ്മതിക്കുമെന്ന് കരുതിയോ നീ അച്ചാ അമ്മ പോയപ്പോ ഇനി ജീവിക്കേണ്ടെന്ന് കരുതി ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് പക്ഷേ ഓരോ ആത്മഹത്യയും നിഷേധിക്കപ്പെടുന്ന ആഗ്രഹങ്ങൾക്കെതിരെയുള്ള തോൽവിയാണെന്ന് കരഞ്ഞു തളർന്നുറങ്ങുന്ന നിങ്ങളെ നോക്കി ഈ അച്ഛന്റെ മരവിച്ചുപോയ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് മാത്രം അച്ഛൻ ഇന്നും ജീവിക്കുന്നു മോനെ അന്ന് വിധി സമ്മാനിച്ച ആ ദുഃഖ കയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും കിടക്കുന്ന ആ മുഖത്ത് നോക്കി ഞാൻ വാക്കുകൊടുത്തു അവർക്ക് പക്ഷെ മോനെ ഈ അച്ഛൻ പരാജയപ്പെട്ടു പോയി മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ അച്ഛന് കഴിഞ്ഞില്ലേ ഒരുപക്ഷെ അമ്മ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് തന്നെ അങ്ങനെ വിശ്വസിക്കാൻ അച്ഛന് പ്രയാസമുണ്ട് മോനെ ബന്ധങ്ങൾ ബന്ധനങ്ങളാവുമ്പോ സ്നേഹത്തിന്റെ ചങ്ങരയ്ക്ക് തേയ്മാനം സംഭവിക്കില്ലേ ഇല്ല ഒരിക്കലുമില്ല ഗിരിയും കീത്തുവും എന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് അവരെ പിരിഞ്ഞു കഴിയേണ്ടി വന്നത് എന്റെ സാഹചര്യം അതായിരുന്നു അച്ഛരിയാവാ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഞാൻ എന്റെ മനസ്സിന് ഒരുക്കി നിർത്തിയതാണ് അപ്പോഴൊക്കെയും ഒരു കാര്യം എനിക്ക് ബോധ്യമായി ലോകത്തിലെ ഏതൊരു കാഴ്ചയും അത് മനോഹരമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ കൂട്ടിനൊരാളില്ലാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന് എന്ന സത്യം അച്ഛാ അമ്മ എവിടെയും പോയിട്ടില്ല നമ്മളെ വിട്ടുപോകാൻ അമ്മയ്ക്കാവില്ല അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതൊക്കെ കഴിഞ്ഞില്ലേ മോനെ ആ ഞാൻ വന്നത് അടുത്ത വെള്ളിയാഴ്ച അമ്മയുടെ ആണ്ട് ദിവസമാണ് അമ്മയുടെ ശ്രാദ്ധം അറിയാമച്ച പതിനാല് വർഷം തികയുന്നു അമ്മ നമ്മളെ വിട്ടുപോയിട്ട് നീ മറന്നിട്ടില്ല നന്നായി അമ്മയ്ക്ക് ഒരു ഉരുള്ള ബലിച്ചോറ് നൽകാൻ വീട്ടിൽ നിങ്ങളുമുണ്ടാവണം മക്കളെ ചേർത്ത് വെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് മക്കൾ എന്നെ പറഞ്ഞിട്ടില്ല എന്ന് അവളുടെ ആത്മാവിനൊന്ന് ആശ്വസിക്കാനെങ്കിലും അച്ഛാ ഞങ്ങൾ വരും നാളെ തന്നെ ശരി ഞാനിറങ്ങട്ടെ ആ കുട്ടിയെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ പേര് സുനന്ദ അല്ലേ കീത്തു ഒരിക്കൽ നിനക്ക് ഫോൺ ചെയ്യുന്നത് കേട്ടതാണ് ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു അവരെത്തറായ അച്ഛൻ എന്താണ് കുടിക്കാൻ എടുക്കേണ്ടത് നിന്നെ കണ്ണു നിറയെ കാണാനായില്ലേ മോനെ അത് മതി എനിക്ക് കരുതിയതല്ല ഞാൻ മഹിയേട്ടാ മഹിയേട്ട ഒന്നിങ്ങോട്ട് വരുവോ മോൻ ഇറങ്ങിപ്പോയി കയ്യിൽ നിറയെ സാധനങ്ങളുണ്ട് അതാ മഹിയേട്ട മോനെ ഒന്ന് വേഗം ചെല്ലു നന്ദേ അച്ഛൻ വന്നിട്ടുണ്ട് നിന്നെ കാത്തിരിക്ക സത്യം പറയാണോ മഹിയാ സത്യ നമ്മുടെ മോനാണേ സത്യം എന്റെ ഈശ്വര എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വയസ്സാകുന്നേ ഉള്ളു ആഹാ ഇതാ ഈ മടിൽ കിടത്തിക്കോളൂ അപ്പൂപ്പന്റെ ഈ ജന്മപുണ്യത്തെ സ്പർശിക്കാൻ ഇന്നാണ് കുഞ്ഞിനെ ഭാഗ്യമുണ്ടായത് ഉമ്മ അച്ഛ ഞങ്ങളോട് പൊറുക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇതേവരെ കാലിൽ തൊട്ട് വന്നിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് മറ്റുള്ളവർ വേണ്ടിവരുമ്പോഴല്ലേ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയാൻ ഇടപെടലുകളുടെ അനിവാര്യത മറന്നുപോകുന്നതല്ലേ നമുക്കിടയിലെ സങ്കടം ഞാൻ കാരണമാണ് മയ്യേട്ടൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് ഓരോ വാക്കിലും അച്ഛൻ എന്ന ആ വലിയ മനസ്സിനെയാണ് ഞാൻ അറിഞ്ഞത് എന്നും അച്ഛന്റെ ഒരു വിളിക്ക് കാതോർക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ ആ പ്രതീക്ഷയ്ക്ക് കാവലിരിക്കുകയായിരുന്നു ഞങ്ങൾ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ഒരു തെറ്റല്ല പക്ഷേ നിന്റെ കൈപിടിച്ച് സധൈര്യം കയറി വരാതെ ഇറങ്ങിപ്പോയി ഇവൻ കൊതിതീരം വരെ അച്ഛ എന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛന്റെ മരണം മുതിർന്നപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അമ്മയുടെ ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു വഴിയും എനിക്കുണ്ടായിരുന്നില്ല അന്ന് മഹിയേട്ടൻ എന്നെ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചുറച്ചാണ് അന്ന് ഞാൻ മഹിയേട്ടന്റെ ഓഫീസിലെത്തിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കില്ലേ പ്ലീസ് മോള് പറഞ്ഞോളൂ നിനക്ക് പറയാനുള്ള ഇടം തന്നെയാണിത് അന്ന് എന്നെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല മഹിയേട്ടന് എന്റെ അവസ്ഥ മയ്യേട്ടന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞപ്പോഴാവും സ്വീകരിക്കാൻ തയ്യാറായത് ഞാൻ കാരണമാണ് മയ്യേട്ടന് കുടുംബം നഷ്ടമായത് എന്നിട്ടും ഒരിക്കൽ പോലും എന്നെ വെറുത്തിട്ടില്ല മഹിയേട്ടൻ വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടുമില്ല അതൊക്കെയും മയ്യേട്ടന്റെ അച്ഛന്റെ പുണ്യവും കുടുംബത്തിന്റെ നന്മയുമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മഹിയുടെ തീരുമാനം ശരിയായിരുന്നു അല്ലെങ്കിൽ ജീവനും ജീവിതത്തിനും കനത്ത വില കൊടുക്കേണ്ടി വരുമായിരുന്നില്ലേ ആ പാപം ഏതു തീർത്ഥത്തിനാണ് മോളെ കഴിക്കളയാൻ കഴിയുക എല്ലാം നിയോഗമാണ് അതേ സംഭവിക്കൂ അങ്ങനെ എന്റെ മകൻ ജീവിതം പഠിച്ചു അല്ലേടാ ജീവിതം പഠിച്ചിട്ടില്ല ജനിക്കുമ്പോൾ ആരും നടക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല ആദ്യം ഇഴയാൻ പഠിക്കൂ അങ്ങനെ നടക്കാൻ പഠിക്കുമ്പോ വീഴാനും പഠിക്കും നടക്കാനും പഠിക്കും അച്ഛാ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ ഞാൻ ാണ് അമ്മയെ പോലെയാണെന്നാ എനിക്ക് തോന്നി എനിക്കും അങ്ങനെ തോന്നി ആ മോളെ ഒരു ഗ്ലാസ് ഓടി എടുത്തോളൂ എനിക്കേ മാതി മതി വേണ്ടച്ഛ അച്ഛൻ കുടിച്ചോളൂ അതിന്റെ ബാക്കി മതി എനിക്ക് കുഞ്ഞുനാളിൽ അച്ഛൻ കുടിച്ചതിന്റെ ബാക്കി ചായക്ക് വേണ്ടി ഞങ്ങൾ മത്സരിക്കായിരുന്നു കീതുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവളായിരുന്നു അതിന്റെ അവകാശം മുതിർന്ന കുട്ടിയായിട്ടും അന്നൊക്കെ അസൂയ തോന്നിയിരുന്നു അവളോട് ആ അതൊക്കെ പഴയ കഥകളല്ലേ മഹി മോനെ നേടിയതിനുള്ള കൃതജ്ഞതയാണ് നെൽകൽ എന്തൊക്കെ അവകാശമാക്കി എന്നതിലല്ല എന്തൊക്കെ അവശേഷിപ്പിച്ചു എന്നതിന്റെ കൂടി ഉത്തരമാണ് ജീവിതം ഇതാ ഇത് കുടിച്ചോളൂ മതി എനിക്ക് തന്നോളൂ അച്ഛ ആ മോനെ എടുത്ത് കിടത്തിക്കോളൂ അവൻ സുഖമായി ഉറങ്ങട്ടെറങ്ങട്ടെ റോഡ് വരെങ്കിലും ഇപ്പൊ തന്നെ പാക്കിംഗ് തുടക്കൂളൂ മഹി പിന്നൊരു പ്രധാന കാര്യം ഇനി ഒരിക്കലും നന്ദയുടെ കണ്ണുന ഇടവരുത്തരുത് ആ മോളെ നേരത്തെത്താൻ ശ്രദ്ധിക്കണേ ശരി അച്ഛ ശരി നമുക്കും അച്ഛന്റെ കൂടെ പോകായിരുന്നു അല്ലെ നന്ദേ നീയും മോനും ആദ്യമായിട്ട് പോവൂല്ലേ വീട്ടില് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ട നമുക്ക് അതെ അപ്പൂപ്പും പോയ സങ്കടം മോനും ഉണ്ടാവില്ലേ മഹിയേട്ട അച്ഛനോട് തെറ്റുചെയ്യരുതായിരുന്നോ നമ്മൾ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഇങ്ങനെയുള്ള മനസ്സുകളിലും ദൈവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ നീ വന്നല്ലോ സന്ദീപ് ഒരുപാട് സന്തോഷായി ടീച്ചർക്ക് എന്ത് ടീച്ചേഴ്സ് റൂമിലേക്ക് പോന്നു ടീച്ചറെ കണ്ട് മാപ്പ് പറയാതെ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കി അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണുണ്ടായത് ടീച്ചർ എന്നോട് ക്ഷമിക്കണം തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത് ടീച്ചർ ക്ഷമിച്ചു പോട്ടെ മോനെ അതൊക്കെ മറന്നൂടെ നിനക്ക് നീ ആദ്യം ക്ലാസ്സിൽ വാ എന്നാലേ ഞാൻ ക്ഷമിക്കൂ പരീക്ഷയില്ലേ വരുന്നത് ക്ലാസ് അറ്റന്റ് ചെയ്താലല്ലേ നന്നായി പരീക്ഷ എഴുതാൻ പറ്റൂർ ആര് പറഞ്ഞു ഇതൊക്കെ ഞാൻ ജയിക്കും ജയിക്കുമെന്ന് നീ മനസ്സിനോട് പറഞ്ഞു നോക്ക് ജയിച്ചിരിക്കും പഠിക്കാൻ മെടുക്കനല്ലേ നീ വളരെ ടാലന്റഡ് ആയ കുട്ടിയുമാണ് പിന്നെന്താ പ്രശ്നം നിനക്ക് കഴിയും സന്ദീപ് നിനക്ക് കഴിയണം മോനെ നിനക്കതിന് കഴിയും പക്ഷേ ടീച്ചറ് ഒരു പക്ഷേയുമില്ല നോക്കൂ സന്ദീപ് നമ്മുടെ സ്കൂളിന് അഭിമാനമാകേണ്ടവനാണ് നീ ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷയല്ലേ അങ്ങനെയുള്ളവൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക പറ എന്റെ ഇങ്ങനെ ഉറങ്ങി പോകാനെന്ന് ചോദിക്കാനുള്ള ഒരു സാവകാശം പോലും എനിക്ക് തരാതെ ഇറങ്ങി പോകുമായിരുന്നില്ലേ ടീച്ചറേ അത് പറയുമോനെ ഒരു ടീച്ചറായിട്ടല്ല നിന്റെ ചേച്ചിയായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ഒഴു ദിവസങ്ങളിലൊക്കെ ഒരു കടയിൽ പോകുന്നുണ്ട് ഏത് അമ്മ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് തിരി സഹായമേകാൻ ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മുന്നിൽ അന്ന് ടീച്ചർ എന്നോട് പിണങ്ങിയതിന്റെ തലേനാൾ രാത്രിയും പണിയുണ്ടായിരുന്നു ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി പണിയായതുകൊണ്ട് അന്ന് രണ്ടു ദിവസത്തെ കൂലിയും കിട്ടി അത് അമ്മയ്ക്ക് കൊടുത്താ ഞാനന്ന് ക്ലാസ്സിൽ തോന്നത് അതുകൊണ്ടാ അന്ന് ക്ലാസ്സിൽ ഉറങ്ങിപ്പോയത് ഒന്ന് പറയാമായിരുന്നില്ല അച്ഛൻ മരിച്ച നാൾ മുതൽ കാണാൻ തുടങ്ങിയതാ അമ്മയുടെ കണ്ണീര് ഇനി ഇതും കൂടി കാണാൻ വയ്യ ടീച്ചറ് സോറി മോനെ നിൻ്റെ ജീവിത ദുഃഖങ്ങളറിയാൻ ഞാൻ വൈകിപ്പോയി ക്ഷമിക്കും സന്ദീപ് ടീച്ചറുടെ ഈ പ്രയാസമാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് കാരണം എനിക്ക് ടീച്ചർ ഇഷ്ട ഒരുപാടിഷ്ട എൻ്റെ ചേച്ചിയെ പോലെ ഇല്ല സന്ദീപ് നീ ക്ലാസ്സിൽ വന്ന ആ സന്തോഷത്തിനുമീതേ ഒന്നുമില്ല എനിക്ക് സന്ദീപ് നമ്മുടെ പ്രതിസന്ധികളെക്കാൾ വലുതാവണം നമ്മുടെ പ്രതീക്ഷ എങ്കിലെ പ്രയത്നിക്കാൻ മനസ്സുവരൂ പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് മുന്നിലെ തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല ഉള്ളിലെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ മോന് ഇതെന്നും ഓർമ്മയിലുണ്ടാവണം നിന്റെ സ്വപ്നയാത്രക്കിടയിൽ അതൊരു വഴിവിളക്കായിരിക്കും തീർച്ച എനിക്ക് പഠിച്ചു ജയിക്കണം ടീച്ചറെ ഇനി ഒരു ക്ലാസ് പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല പക്ഷേ ടീച്ചറെ അത് വിട്ടേക്കു സന്ദീപ് സോഷ്യൽ സയൻസിനെ നീ ഒന്ന് സ്നേഹിച്ചു നോക്കൂ ഇഷ്ടത്തോടെ രസകരമാക്കിയൊന്ന് പഠിച്ചു നോക്ക വഴങ്ങാത്ത ഏത് സോഷ്യൽ സയൻസും നമുക്കും ലോച്ഛാനിച്ചു നിൽക്കും ഒരടിമയെപ്പോലെ എന്തു പറയുന്നു സന്ദീപ് ഞാൻ ശ്രമിക്കും ടീച്ചറെ എനിക്ക് ജയിക്കണം ടീച്ചർക്കു വേണ്ടി എന്റെ അമ്മയ്ക്കു വേണ്ടി എനിക്ക് വേണ്ടി തളർന്നു വീഴാതെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും ഞാൻ പറയാൻ മറന്നു ടീച്ചറുടെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു കീഴടക്കേണ്ട ഉയരങ്ങളെ പറ്റിപ്പോയ വഴികളെ പറ്റി ജയിക്കേണ്ട പരീക്ഷകളെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറു പറഞ്ഞ പോലെ പരീക്ഷയുടെ ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അർജുനാണ് വീട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് അവനാണ് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷാണ് ടീച്ചർക്കിന് വേണ്ടത് വാ സന്ദീപ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഹലോ അമ്മേ ആ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തി പക്ഷേ ഇപ്പൊ ഇവിടെ ബസ്സൊന്നും കാണുന്നില്ല ബസ്സിപ്പൊ വരുവായിരിക്കും ആ അമ്മ പേടിക്കണ്ട ഞാൻ എത്തിക്കോളാം ഇങ്ങോട്ട് നോക്കണം കൊറേ നേരോ നിക്കാൻ തുടങ്ങിട്ട് മുട്ടി നോക്കിയാലോ വേണ്ട വേണ്ട വേണ്ട പെട്ടെന്ന് എടുത്ത് എന്തിനാ കൂട്ടുന്നത് സഹമുണ്ടല്ലോ ശരിയാണ് അവള് കുറച്ച് ബോൾഡാണെന്ന് തോന്നുന്നു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ തനിച്ചു നിൽക്കണമെങ്കിൽ നമ്മളെ പറ്റിയൊരു സംശയം അവൾക്ക് തോന്നരുത് നീക്കങ്ങളൊക്കെ കരുതലോടെ വേണം അവൾ ഫോൺ എടുക്കുന്നു സമയം നോക്കിയിട്ട് എന്ത് കാര്യം ഇനി ഒരു ബസ്സും ഈ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടില്ല എന്നത് അറിയില്ലല്ലോ പാവം ാണ് ആ മോളെ അച്ഛൻ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഈ റൂട്ടിൽ അത്രയും അല്ല അച്ഛൻ ഓട്ടോറിക്ഷയിൽ വരുമല്ലോ അതല്ല കാര്യം ഇവിടെ ഒരു കുട്ടി തനിച്ച് ബസ് കാത്തുനിൽക്കുന്നുണ്ട് അല്പ അകലെയായിട്ട് രണ്ട് ചെറുപ്പക്കാര് അവളെ ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടേ അച്ഛനാകപ്പാടെ ഒരു പന്തിയുടെ മറവിലാണ് വേണ്ട ഞാൻ പറഞ്ഞില്ലേ അജയനെ അച്ഛം പിടിച്ചിട്ടുണ്ട് ആ കീത്തു ആ ചെറുപ്പക്കാരെ കുട്ടിയുടെ അടുത്തെത്തി കഴിഞ്ഞു ശരി ഞാൻ പിന്നീട് വിളിക്കാം മോളെ നിന്റെ ഫോണിന് എന്ത് പറ്റി എന്താ റേഞ്ചില്ലേ എത്ര നേരമായി നിന്നെ വിളിക്കാൻ തുടങ്ങിട്ട് വേഗം ഇങ്ങോട്ട് വാ ഇന്ന് ബസ് ഇല്ല നമ്മുടെ ഓട്ടോ ഇപ്പോഴെത്തൂട്ടോ വന്നല്ലോ ആ വാ കേറെ മോളെ നശിപ്പിച്ച് കേളാന് വരാണ്ടേരം എന്ത് അവരുടെ ബസ് വന്നപ്പോ അവര് പോയി കുട്ടിയുടെ പേര് പറഞ്ഞില്ല വീട്ടിൽ ഞാൻ സംഗീത വീട്ടിൽ അമ്മയും അനിയനുമാണ് ഉള്ളത് അമ്മ വരാനിരുന്നതാണ് പക്ഷേ അമ്മക്ക് നല്ല പനി ഇന്നലെ തുടങ്ങിയതാണ് വീട് കോഴിക്കോട് ബീച്ച് റോഡിനടുത്താണ് ബീച്ച് റോഡിനടുത്തോ അവിടെ ഒരു കുട്ടി എനിക്കറിയാം സന്ദീപ് എന്നാണ് അവന്റെ പേര് ഞാനെന്ത് വീട്ടിൽ പോയിരുന്നു അവനോട് ക്ലാസ്സിൽ പോകണമെന്ന് പറയാൻ ാണ് ഞാൻ വിളിച്ചത് സാറല്ലോടെ സാറിന്റെ ആ വെളിയില്ലായിരുന്നെങ്കിൽ അതല്ലേ എനിക്ക് അനുഗ്രഹമായത് കുട്ടി ഒരാളുടെ സങ്കടങ്ങളിൽ കണ്ണീരൊഴുക്ക് എന്നതല്ല കണ്ണീരൊപ്പുക എന്നതാണ് സന്ദർഭാനുസൃത കർമ്മം അത് അല്പമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് മുഖത്ത് കണ്ടതും മറക്കാനാവില്ല ഒരു സഹോദരിയുടെ കാലം അവരെ അനുവദിച്ചതുമില്ല എന്നെ കൊണ്ടുപോകാൻ സന്ധീവ് വരാമെന്ന് പറഞ്ഞതാണ് ഓഹോ കൂട്ടുകാരുമൊത്തുള്ള കമ്പൈൻഡ് സ്റ്റഡി നഷ്ടമാവണ്ട എന്നോർത്ത് വരണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ അയ്യോ വേണ്ട സാർ സാറിനെ ഇനിയും ബുദ്ധിപിട്ടിക്കില്ല ഞാൻ അതാ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ ശരി കുട്ടി വീട്ടിൽ കയറിയിട്ട് ഈ ഓട്ടോ സ്റ്റാർട്ട് ആക്കൂ വരയില്ലേ വാ കരല്ലേ വാവോ വാ കരയില്ലേ വാ കരണ്ടട്ടോ അയ്യയ്യോ വെറുതെ അല്ല കുട്ടി കറിയുന്നു എടി കീത്തു ഇങ്ങനെയാണ് കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നത് ആഹാ എത്ര പെട്ടെന്ന് മാം കരച്ചിൽ നിർത്തിയത് ണെങ്കിൽ മഹിയേട്ടം പോയ ശേഷം ഇവിടെ എല്ലാവർക്കും യാന്ത്രിക ജീവിതമായിരുന്നു പരാതിയോ പരിഭവമോ സ്നേഹമോ ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഏട്ടം വന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയ പോലെ പക്ഷേ മഹിയേട്ട നമ്മുടെ മോന് രക്തബന്ധത്തിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് സ്നേഹം കരുതൽ ഒക്കെ സമാധാനിക്കാം അല്ലേ അതെ ഏട്ടന്റെ വധുവായി അച്ഛന്റെ മറ്റൊരു മകളായി നിങ്ങളുടെയൊക്കെ ഏട്ടത്തിയായി ഈ വീട്ടിലേക്ക് കയറി വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ഇവിടെ ബാക്കി വെക്കുകയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാറോളും ഇവിടെ ഒരാൾക്കെ ചെയ്യാൻ പറ്റൂ അവരാണ് നന്ദേച്ചി എന്ന ഈ വൈകി വന്ന വസന്തം ഏട്ടാ ഏട്ടാ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫാണ് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പോയതല്ലേ എത്ര സമയായി പോയിട്ട് ഞാൻ മൂന്ന് തവണ വിളിച്ചു എന്നിട്ടും അല്ല കിത്തു വാപ്പച്ചി ഇങ്ങോട്ടാണല്ലോ വരുന്നത് വാപ്പച്ചിയെ എന്താ ആ മാധവനെ കാണാൻ ആശുപത്രിയിൽ പോയതാ പിന്നെ മക്കള് വന്ന സന്തോഷം നേരിട്ട് അറിയിക്കാനും വേണ്ടിട്ട് ഇപ്പൊ എത്തും പിന്നെല്ലാ റെഡിയാക്കി വെക്കാനും പറഞ്ഞിക്കുന്നു ആ എന്നാലും മഹീ എത്ര കാല ഏടാ കള്ള അന്നെ ഞമ്മളൊന്ന് കണ്ടിട്ട് ഏടിച്ച് കൊഴുത്തി കിട്ടാ ഏ അതോട്ടെ എവിടെടാ ഈ ബാപ്പച്ചീന്റെ മരോള് അങ്ങോട്ട് ബാബോ ബാപ്പച്ചൊറിയൊരു സമ്മാനാ മോളെ ഈ ബാപ്പച്ചക്ക് മക്കളില്ല നിങ്ങളൊക്കെ തന്നെയാ ബാപ്പച്ച മക്കള് ഇപ്പോ ബാപ്പച്ചൊരു മോളെയും കൂടി പറിച്ചോന്ന് തന്നു സന്തോഷായി നമുക്ക് എത്തി കേട്ടാ അച്ഛനെന്താ വൈകി ആ മോളെ മാതവട്ടം ഡിസ്ചാർജായി വീട്ടിൽ വിട്ടിട്ടാണ് ഞാൻ വരുന്നത് കുളി കഴിഞ്ഞാലേ മൂപ്പർ ഉടനെ ഇവിടെ എത്തും നാളെ ശാരദയുടെ ശ്രാദ്ധ ദിവസത്തിന് അദ്ദേഹവും എന്നും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം നൽകിയിരുന്നു ശാരദ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അച്ഛൻ ആഗ്രഹിച്ചു കൂട്ടി പെട്ടെന്ന് ആയിക്കോട്ടെ വൈകരുതേ ശരി ശരി ആ അടുത്ത ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ ഒരു വിശേഷവും കൂടിയുണ്ട് ീത്തുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാനവർക്ക് വാക്കു കൊടുത്തിട്ട് വരികയാണ് അച്ഛ ഗിരിയേട്ടത് ആദ്യം നടക്കട്ടെ എനിക്കിപ്പ കല്യാണം വേണ്ട അച്ഛൻ വാക്കു കൊടുത്തു നീ സമ്മതിച്ചേ പറ്റൂ ഇതാ പയ്യന്റെ ഫോട്ടോ ആ കണ്ടിട്ട് തറക്കേടിലെന്തോന്നു അല്ലേ മയ്യേട്ടാ കീത്തു ഇതാ ഫോട്ടോ നോക്ക് വേണ്ട എനിക്കിപ്പ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് വേണ്ടാത്തത് ഏട്ടത്തി മോനെ പെട്ടെന്ന് വിട്ടു പോകാൻ വയ്യ എനിക്ക് ആ കീത്തു അതൊരു കാരണമല്ലോ അവന്റെ പേര് അറിയേട്ടന് ആ രാജേഷ് രമേഷ് രമേഷ് എന്നാണ് അവന്റെ പേര് എവിടെ എവിടെ ഫോട്ടോ ഞാനത് കാണട്ടെ മഹിയേട്ട പെണ്ണിന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേട്ടാ ഇതാ ഫോട്ടോ ഏട്ടാ കാണണ്ടെന്ന് പറഞ്ഞിട്ട് തും അച്ഛൻ വിതിച്ചതും ഞങ്ങൾ ആഗ്രഹിച്ചത് ഒന്നു തന്നെയാണ് അതാണ് നിന്റെ ഭാഗ്യം ഈ ഒരു നാടകം നിന്നെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് വേണ്ടായിരുന്നു മോളെ വിധി ബാക്കി വെച്ചു പോയ അച്ഛന്റെ ശിഷ്ട ജീവിതത്തിനുള്ളിൽ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട് കർമ്മയോഗം എന്ന ഈ സമസ്യ പൂർത്തിയാക്കാൻ ഇത്തിരി ആയുസ് കൂടി നീട്ടിക്കിട്ടണമേ എന്നൊരു പ്രാർത്ഥനയെ അച്ഛനുള്ളൂ അച്ഛാ അതാ മാധവേട്ടൻ മൊയ്തിനിക്കയും എത്തിയല്ലോ മഹി ഒന്ന് അങ്ങോട്ട് ചെല്ലു ശരി അച്ഛളെ നന്ദേ ഗിരി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചോളൂ ശരി അച്ഛക്കൊരു കുടിക്കാണോ എല്ലാം കലഞ്ഞി തെളിഞ്ഞു പറഞ്ഞോ അല്ലേ നന്നായി കർമ്മയോഗം നാടകം സമാപിക്കുന്നു രജന എൻ എം പത്മിനി ചെട്ടിക്കുളം കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാഘവൻ മാസ്റ്റർ മംഗയം രാഘവൻ മൊയ്തീൻ മുഹമ്മദ് പേരാമ്പ്ര മാഹി വിനോദ് കീഴേടത്ത് ഗിരി രവിശങ്കർ ബേപ്പൂർ കീർത്തന ഇ സിന്ധു രാജേഷ് നീരജ് കെ ചെറുപ്പക്കാർ അവിനാശ് കാവട്ട് ഇ ഭത്തിലാൽ സുനന്ദ സജ്ജന സുഗന്ധി സംഗീത സുരാഗി കെ സന്ദീപ് അഖിൽജിത്ത് ഷാജു സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം